മലക്കുകളോട് നിങ്ങൾ ആദം അലിഹിസാമിന് സാഷ്ടാംഗം പ്രണമിക്കുക എന്ന് നാം പറഞ്ഞ സന്ദർഭം ഓർക്കുക ഇബ്ലീസിനൊഴികെ എല്ലാവരും പ്രണമിച്ചു അവൻ വിസമ്മതിക്കുകയും അഹങ്കരിക്കുകയും ചെയ്തു അങ്ങനെ അവൻ സത്യനിഷേധികളിൽ ഒരാളായി മാറി